എല്ലാവരും അള്ളാഹു സുബഹാനഹുവ ചായാലാവിന്റെ മുന്നിൽ ഹാജരായി അപ്പോൾ ദുർബലർ അഹങ്കാരികളോട് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നു അള്ളാഹു സുബഹാനഹുവ ചായാലാവിന്റെ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ അവർ പറഞ്ഞു അള്ളാഹു സുബഹാനഹുവ ചായാല ഞങ്ങളെ നേർവഴിയിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും നേർവഴിയിലാക്കുമായിരുന്നു ഞങ്ങൾ പരിഭ്രമിച്ചാലും ക്ഷമിച്ചാലും ഞങ്ങൾക്കൊരുപോലെയാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരിടവുമില്ല